സത്യനിഷേധികൾ അവരുടെ ഹൃദയങ്ങളിൽ ജാഹ്ലിയത്തിന്റെ അജ്ഞതയുടെ അഭിമാനം നിറച്ചപ്പോൾ അള്ളാഹുസുബഹാനഹുവ ടായാല തൻറെ ദൂതന്റെയും സത്യവിശ്വാസികളുടെയും മേൽ തൻറെ ശാന്തി ഇറക്കി നൽകുകയും അവർക്ക് തക്കുവയുടെ ദൈവഭയത്തിന്റെ വചനം നിർബന്ധമാക്കുകയും ചെയ്തു അവർ അതിനേറ്റവും അർഹരും അതിന് യോഗ്യരുമായിരുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുസുബഹാനഹുവ ടായാല എല്ലാം അറിയുന്നവനാകുന്നു